മനുഷ്യരിൽ ചിലരുണ്ട് ഐഹിക ജീവിതത്തിൽ അവരുടെ സംസാരം നിങ്ങളെ ആകർഷിക്കും തൻറെ ഹൃദയത്തിലുള്ള കാര്യത്തിന് അല്ലാഹുവിനെ സുബഹാനഹൂവ ചായാലയെ സാക്ഷിയാക്കുകയും ചെയ്യും എന്നാൽ അവൻ ഏറ്റവും കഠിനമായി തർക്കിക്കുന്നവനാണ്